അള്ളാഹു സുബാനുഹൂ താഴെ അവതരിപ്പിച്ചത് പിന്തുടരുക എന്ന് അവരോട് പറയപ്പെട്ടാൽ ഞങ്ങളുടെ പിതാക്കൾ പിന്തുടർന്ന വഴിയിലാണ് ഞങ്ങളും പിന്തുടരുന്നതെന്ന് അവർ പറയുന്നു പിശാജ് അവരെ ചുട്ടുപൊള്ളിക്കുന്ന നരകാഗ്നിയിലേക്ക് ക്ഷണിക്കുകയാണെങ്കിൽ പോലും അവർ അങ്ങനെ പറയുന്നു